എന്നുവെച്ചം കർമാവബോധം കർമ്മ ജ്ഞാനം ഇതുപോലല്ല എന്ന് പറഞ്ഞാൽ കർമ്മജ്ഞാനത്തിന് ശേഷം ബ്രഹ്മജിജ്ഞാസ അങ്ങനെയില്ല എന്തുകൊണ്ട് ബ്രഹ്മജിജ്ഞാസ ബ്രഹ്മചര്യത്തിൽ ഉണ്ടാവും കർമ്മജ്ഞാനം എന്ന് പറയുമ്പോൾ ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കും അപ്പൊ കർമ്മജ്ഞാനത്തിന് ശേഷം ബ്രഹ്മജിഞ്ജാന അത് അത് പറയാൻ പറ്റില്ല ഇവിടെ എന്താ പറഞ്ഞത് അത് ശബ്ദത്തിന്റെ അർത്ഥം അതാണ് യദ്വിന ഏതെന്തിനൂടാതെ ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാകത്തില്ലയോ ഏതെന്തിനൂടാതെ ഉണ്ടാകത്തില്ല ചതുയ സമ്പത്തി സാധന ചതുഷ്ടയ സമ്പത്തി അതില്ലാതെ ബ്രഹ്മജിന്യാസുണ്ടാകത്തില്ല വൈരാഗ്യം ഉള്ളവനെ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാകത്തുള്ളു സാധുദുഷ്ടമ്പത്തിയുടെ ഒരു ഭാഗമാണ് വൈരാഗ്യം അതിനകത്ത് വിശദീകരിക്കും പിന്നെ അത് സാധുദുഷ്ടമ്പത്ത് ഉണ്ടായാൽ ബ്രഹ്മജിന്യാസം ഉണ്ടാവും കർമാവബോധം കർമ്മജ്ഞാനം ഇതുപോലെയല്ല ഇങ്ങനെ കർമ്മജ്ഞാനം ഉണ്ടായാൽ ബ്രഹ്മവിന്യാസം ഉണ്ടാകും കർമ്മജ്ഞാനം ഇല്ലെങ്കിൽ ബ്രഹ്മജിജ്ഞാസ ഇല്ല അങ്ങനെ പറയാൻ പറ്റില്ല എന്തുകൊണ്ട് ഒരാൾക്ക് വർത്തമാന ജന്മത്തിൽ ഈ ജന്മത്തിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് വേണമെങ്കിലും ബ്രഹ്മജിജ്ഞാസ അവിടെയും സാന ജ്യേഷ്ഠ സമ്പത്ത് ഉണ്ടാവും അവിടെ കർമ്മജ്ഞാനത്തിന്റെ ആവശ്യം ഇല്ല മറ്റേ ബ്രഹ്മചര്യം കഴിഞ്ഞ് ബ്രഹ്മചര്യം എന്ന് വെച്ചാൽ വേദാധ്യനാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം നമ്മുടെ ബ്രഹ്മചര്യമുണ്ട് േതാ അധ്യയനമാണ് എന്തോ അത് കഴിഞ്ഞ് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു അവിടെയാണ് കർമാ അവബോധം അത് കഴിഞ്ഞ് ഒരാൾക്ക് ബ്രഹ്മ ജിജ്ഞാസ ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല വൈരാഗ്യം ഉണ്ടായാലും ഉണ്ടാവുന്നില്ലെങ്കിൽ ഉണ്ടാവത്തി അതുകൊണ്ട് സാധനേഷ്യ സമ്പത്തി ബ്രഹ്മ ജിജ്ഞാസ ഇതിന് കാര്യകാരണ ഭാവമുണ്ട് അതുപോലെ കർമ്മജ്ഞാനം ബ്രഹ്മജിജ്ഞാസയുടെ കാര്യകാരണഭാവം പറയുന്ന അതുകൊണ്ട് എന്താണ് ഇതുവരെ പറഞ്ഞതിനെ ഉപസംഹരിക്കും കർമ്മജ്ഞാനത്തിന് ശേഷം ബ്രഹ്മജിജ്ഞാസ എന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് അധശബ്ദത്തിന് കർമ്മജ്ഞാനത്തിന് ശേഷം അർത്ഥം പറയാൻ പറ്റില്ല കർമ്മജ്ഞാനത്തിന് ശേഷം പറഞ്ഞാ എന്താ കുഴപ്പം വരുന്നത് കർമ്മജ്ഞാനത്തിന് ശേഷം ബ്രഹ്മജിജ്ഞാസന്ന് പറഞ്ഞാ എന്താ കുഴപ്പം ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞാലേ ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവും ബ്രഹ്മചാരിക്ക് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവത്തില്ല എന്താണ് ്രഹ്മചാരിക്കും ഉണ്ടാവാം രഹസായ ശ്രമിക്കും ഉണ്ടാവാം മാനപ്രശ്നം ഉണ്ടാക്കാം എല്ലാവർക്കും ഉണ്ടാവാം അതുകൊണ്ട് അതിശബ്ദത്തിന് അനന്തരമെന്ന് തന്നെ അർത്ഥം പക്ഷെ അത് സാധന ചുഷ്ട സമ്പത്തി അനന്തരമെന്ന് പറയണം എന്ത് പറയാൻ പാടില്ല എന്നാ കർമ്മാനന്തര അതിശബബ്ദാർത്ഥം ഇനി സർവം അവതാതം എന്ന് വച്ചാൽ സർവ്വം അത ശബ്ദത്തിന്റെ അർത്ഥമാണ് ഇത്രയും വ്യാഖ്യാനിച്ചത് അതാത് ബ്രഹ്മിജ്ഞാസാന് സൂത്രത്തിന്റെ തുടക്കം മുതൽ ഒറ്റ വാക്കിനാണ് ഇത്രയും നീണ്ട വ്യാഖ്യാനം ഒരു വാക്കിന് ഇത്രയും നീണ്ട ഒരു വ്യാഖ്യാനം വേറെ എവിടെയെങ്കിലും കാണാൻ വലിയ പ്രയാസമായിരിക്കും അടുത്ത കുറേ വർഷം അഗ്നിഹോത്രമ ശ്രദ്ധതൂത് അതീത് വേദാൻ പുത്രം സുത്പാദ്യശക്തി ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞിട്ട് വേണം ബ്രഹ്മജിജ്ഞാസാണ് അവനടുത്ത ഈ പറഞ്ഞിരിക്കുന്ന മനുസ്മൃതിയുടെ ആറാം അധ്യായമാണ് ഇവിടെ സന്യാസത്തെ കുറിച്ച് പറയുന്നത് ഇത് ശ്രീനാരായണ ധർമ്മത്തില് പിന്ന ശൈശവാ ബ്രഹ്മജയശ് തസ്മസ്ത്യേതിർാന് സേത് കുമാൻ ഇത് മനുസ്മൃതിയുടെ സിദ്ധാന്തമാണ് പറഞ്ഞിരിക്കുന്നത് അതിവിടെയും പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മചരിയും ഗാർഹസ്ഥയും അതിനുശേഷം സന്യസിക്കാം ഇത് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെയും പറഞ്ഞിട്ടുണ്ട് അവിടെ പിന്നെ വാനപ്രസം കൂടെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് ആചാര്യ അനുജ്ഞർ വിരജ ഹോമോരമേന്നാണ് പാഠം വേണ്ടത് ഇതിൽ തെറ്റിച്ചടിച്ചിരിക്കുന്നത് ആരും തിരുത്തിയിട്ടില്ല വിരജ ഹോമോ പരമോന്ന് എഴുതി വെച്ചിട്ടുണ്ട് തെറ്റാണ് ഇതും ഇവിടത്തെ ഡോക്ടർ ഭാസ്കർ മിസ്റ്റേക്ക് ഉണ്ടോ ഇവിടത്തെയോ ഇവിടത്തേല ഇവിടത്തേല് നോക്കാം ണ്ടോ നമുക്ക് അല്ല ഹോമോ പരമോ പ്രിന്റിങ്ങും പേപ്പറും എല്ലാം കൊള്ളണം പക്ഷെ വിവരമില്ല ചെയ്തമാർക്ക് വിവരമില്ല ാണ് വേണ്ടത് അതിലാ ഒരു വരി ഒരു ഇതങ്ങും ദീർഘം വട്ടി കളഞ്ഞാ മതി അത്രേയുള്ളൂ ഒരു ഇത് അധികമായി ചടിച്ചാണ് മോന്നുള്ളത് ഉപരമേ ആ ദീർഘം കട്ടിയാ മതി കറക്റ്റാ വിരജ ഹോമോപരമേ പിരയാവാൻ കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് ഭ്രഷ്ടം അല്ല ഭ്രഷ്ടം അത് അതുപോലെ പഴയും തെറ്റിക്കുന്ന എല്ലാവരും വലിയ പ്രചാരത്തിൽ വന്നത് വിവാഹത്തെ കുറിച്ച് പറയുന്നിടത്തോണ്ടല്ല അതൊരു പ്രിൻഡിങ് മിസ്റ്റേക്കിട്ടാണ് എത്രയോ കാലമായിട്ട് വ്യാഖ്യാനിക്കുന്നത് ാദിമേഖാന സ്വാമി ഉണ്ടല്ലോ നാരായണ തിരുകൃത്തുകളുടെ സംസ്കൃതത്തിന്റെ വലിയ പാണ്ഡിത്യം ഇല്ലാത്തത് ഒരു ദൈവം സത്യം അത് കഴിഞ്ഞ് വിവാഹം വിദ്യാരംഭം ആശമധർമ്മം സംസ്കൃതം ആയിരുന്നു ഏയ് വേറെ ആരെയോണ്ട് എഴുതിച്ചിട്ട് പുള്ളിയുടെ പേര് വെച്ചാണ് അത് ഞാൻ നമ്മുടെ ശാസ്ത്രവൈദ്യര് പറഞ്ഞിട്ടുണ്ട് വേറെ ഏതോ ഒരു പണ്ഡിതനെ കൊണ്ട് എഴുതിച്ചിട്ട് പുളിയുടെ പേര് വെച്ച് പ്രസിദ്ധീകരിച്ചാണ് വെറും അല്പനായിരുന്നെന്ന് പറയും ശാസ്ത്രവൈദ്യര് എന്നോട് പറഞ്ഞിട്ടുണ്ട് അത് അയാൾ എഴുതിയുന്നു അല്ല സന്ധ്യയിൽ വരുന്ന ഗാരഹസ്ത്യ ധർമ്മം അതിന് നൂറ്റി എമ്പത് അതെല്ലാം തെറ്റിച്ചടിച്ചിരിക്കും നിങ്ങളുടെ പുസ്തകങ്ങളിലെല്ലാം ദശ സന്നിധീരൻസ്തേ പ്രാണിപീടന കർമ്മണി എന്നുവെച്ചാൽ പത്ത് പേര് പങ്കെടുക്കണമെന്നുള്ളതാണ് നൂറ്റിയമ്പത് ഇനിയെങ്കിലും ഇതൊക്കെ കറക്റ്റ് ചെയ്ത് അതി കുറയാൻ പാടില്ലെന്നാണ് പത്തിക്കൊറയെന്ന് ഏഹ് എന്റെ അർത്ഥം ഒന്നാണ് പത്തിൽ എത്ര പേരോ കൂടാന്ന് പിന്നെ പത്തെന്ന് പറയുന്നതിന് എന്താർത്ഥി ഏടെ നാഥോ എന്ന് പറയുന്നൊരു പ്രശ്നയിട്ടില്ല എങ്ങനെ ഇതിലിങ്ങനെ ഒരു വരി ഒരു വരയിട്ടാൽ മതി അത് വിട്ടുപോയതാണ് പത്തിൽ കുറയരുത് പത്തിൽ അത് തന്നെ ന്യൂനോന്നു വെച്ചാൽ കൊറയരുത് എന്ന് പറഞ്ഞാൽ അന്യൂനോന്ന് വെച്ചാൽ കൂടരുത് മനസ്സിലായോരുത് കൂടരുത് എന്നാ അതഹ ന്യൂന എന്നു പറഞ്ഞാൽ അതിൽ കുറയരുത് അന്യൂനമെന്ന് വെച്ചാൽ കൂടരുത് പത്തിൽ കൂടരു എന്നുള്ളതാണ് ആ ഒരു ഇടയ്ക്കുള്ള ആ ഒരു ഇത് വിട്ടുപോയപ്പോഴാണ് അർത്ഥം നേരെ തിരിഞ്ഞു വന്നത് അവിടെ പ്രിന്റ് ചെയ്തിരിക്കുന്നത് ശരി തന്നെയാണ് പക്ഷെ ഇടയ്ക്കൊരു പ്രശ്നേഷൻ വേണം ആ പ്രശ്നേഷം വിട്ടുപോയപ്പോഴത്തേക്ക് നാ അതോ അന്യൂന എന്ന് പറഞ്ഞാൽ കൂടലെന്നർത്ഥം പറഞ്ഞു ന്യൂനമെന്ന് വെച്ചാൽ കുറവ് അന്യൂനം എന്ന് വെച്ചാൽ അന്യൂനം എന്ന് വെച്ച കൂടരുത് എന്ന് പറയും അധഹന്യൂനം എന്ന് വെച്ചാൽ കുറയുക അന്യൂനമെന്ന് പറഞ്ഞാൽ ഏനം എന്ന് പറഞ്ഞാൽ കുറയുക അന്യൂനം എന്ന് വെച്ചാ ഏ ന്യൂനം എന്ന് പറഞ്ഞാ കുറയുക അന്യൂനമെന്ന് പറഞ്ഞാൽ കുറയരുത് അങ്ങനെയാണ് ന്യൂനമെന്ന് വെച്ചാൽ കുറയുക അന്യൂനം എന്ന് പറഞ്ഞാല് കൊറയരുത് എന്നാണ് അന്തർഥം ന്യൂനമെന്നുവെച്ചാൽ കുറയുക അന്യൂനമെന്ന് പറഞ്ഞ അതങ്ങനെ വരും ന്യൂനം പറഞ്ഞാ എന്താണോ കുറയുക എന്നാ പറഞ്ഞില്ല ആലോ പിന്നെ ഞാ അന്യൂനമെന്ന് പറഞ്ഞാൽ എന്താവും ന്യൂനമെന്നു വെച്ചാൽ ന്യൂനമെന്ന് വെച്ചാൽ കുറയുക എല്ലാ ന്യൂനമെന്ന് പറഞ്ഞാല് കുറയണെന്ന് വരും ന്യൂനമെന്ന് പറഞ്ഞാൽ കുറയുക എല്ലാ ന്യൂനമെന്ന് പറഞ്ഞാൽ എന്താണ് കുറയാൻ പാടില്ല എന്നാണ് അത് തന്നെ വരും കുറവ് പാടില്ല അത്രയും ൂടെ വരുകയാണ് വീണ്ടും നാം അന്യോനോന്ന് പറയു എന്താ അറിയും ഒന്നുകൂടെ നിഷേധിക്കുന്നു കൂടാൻ പാടില്ല കൂടുന്നു തീർച്ചയായിട്ടും ഇത് ഒരുപാട് പേര് ചോദിക്കും അത് കൂടരുതെന്ന് അതിന്റെ അർത്ഥം കുറഞ്ഞത് കുറഞ്ഞത് ഏറ്റവും കുറഞ്ഞതെന്നുള്ള നിലയിൽ ഒരു സാമർഥ്യം കാണുക അതായത് ഏറ്റവും കുറഞ്ഞത് നാല് പേര് അറിയണമെന്നുള്ളൊരു സൂചന ഉണ്ടല്ലോ പത്ത് പേര് അതിൽ അതെ നാല് പേര് അറിയണമെന്നുണ്ടല്ലോ അപ്പൊ എന്ത് പോലെ പത്ത് പേര് മനുസ്മൃതി പറഞ്ഞത് ഇത് വന്നപ്പോഴാണ് ഞാൻ ഇത് എടുത്തത് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വരുന്ന കാര്യങ്ങൾ അത് മുമ്പും വന്നിട്ടുണ്ട് മനുസ്മൃതിന്റെ അതുപോലെ ഈ സന്യാസത്തിന്റെ കൂടെ വന്നപ്പോഴത്തേക്ക് വന്നിരിക്കുന്നത് സുഹൃതിയിൽ വരുന്ന കാര്യങ്ങളുണ്ടോ ഇതിന് ഇതിന് ഇരുന്നൂറ്റി എമ്പത്തൊന്ന് മരണം ജീവിതം അജ്ഞാമിവ പ്രഭോർ ബിഴ്ത്തിയ കാലം ദുപ്രതിപാദു നാപ്പത്തഞ്ച് ഇത് മനുസൃതിയാണ് ജീവിതം നിർദേശം ഇത് മനുസ്മൃതിയാണ് അതുപോലെ എഴുതിയിരിക്കുകയാണ് നാപ്പത്തിയഞ്ച് ഭാഷാത്വം മാറ്റി പണ്ഡിതനായതുകൊണ്ട് ജീവിതം മരണം ജീവിതം അജ്ഞാമിവ പ്രഭോപ്പെടുത്തിയ കാലം ഇത് ഗുരുവിന്റെ കാഴ്ചപ്പാടുമായിട്ട് യോജിക്കുന്ന എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ മനുസ്മൃതി പറയുന്നത് ഭിക്ഷ എടുത്ത് നടക്കുന്നവനെ കുറിച്ചാണ് അവനാണ് ഇങ്ങനെ ജീവിക്കണമെന്ന് പറയുന്നത് ഇതൊക്കെ വായിച്ച ആൾക്കാർക്ക് ആശയക്കുഴപ്പമുണ്ടാകും അപ്പൊ വേറെ ഒന്നും ചെയ്യാനില്ല അതുകൊണ്ട് എന്താണ് മരണമൊന്നും പ്രതീക്ഷിക്കുക ഇങ്ങനെ പോവുക ഭിക്ഷ എടുത്ത് പോവുക അത് മനുസ്മൃതിയിലെ ഇരുന്നൂറ്റി അമ്പത്തി ഒന്നാണ് ഇവിടെ ആറ് നാപ്പത്തഞ്ച് ഇതിലെ ഇരുന്നൂറ്റി പറയുന്ന മനസ്സിലെ ആറ് നാല്പത്തി അഞ്ചാണ് കാര്യമായൊരു വ്യത്യാസമില്ല അതുപോലെ എഴുതിയിരിക്കുന്നു അപ്പൊ തോന്നുന്നു വായിക്കുമ്പോൾ നമുക്കൊന്നും ഇത് ഏകദേശം എന്താണ് മരണത്തെയും ജീവിതത്തെയും ഒന്നും കണക്കാക്കാതെ എന്താണ് കാലം കാത്തിരിക്കണം കാലം മനസ്സില് കാലത്തെ കാത്തിരിക്കണം എന്തോ സംഭവിക്കുന്നത് പക്ഷെ ഗുരുവിന്റെ സന്യാസം അങ്ങനെ കാലത്തെ കാത്തിരിക്കുന്ന സന്യാസമല്ലോ പിന്നെന്താണോ പരോപനമായി പ്രവർത്തിക്കുന്ന സന്യാസമാണ് ഭിക്ഷ എടുക്കുന്നവന്റെ മനോഭാവമല്ല ഇവിടെ മനസിലായ ആ ഇവിടെ പറയുന്ന എന്താണോ മനുസ്മൃ പറയുന്ന എന്താണ് മരിക്കാൻ ആഗ്രഹിക്കരുത് ജീവിക്കാൻ കൊതിക്കരുത് വേലക്കാരൻ ആജ്ഞ കാത്തിരിക്കും പോലെ പ്രാരബ്ദ മരിക്കുന്നത് എന്തോ അതനുസരിച്ച് അങ്ങ് പോവുക ജീവിതം ഭിക്ഷ എടുക്കുക എല്ലാ വേറെ ഒന്നും ഇല്ല അവിടെ ഗുരു അതാണോ ഗുരുവിന്റെ സന്യാസം അങ്ങനെയാണോ യോജിക്കുന്ന കാര്യമില്ല ഇത് മനുസ്മൃതി അതുപോലെ പോട്ട് ചെയ്ത് വെച്ചിരിക്കും മനസ്സിനെ പറയുന്നത് ശരിയാണ് ഇവിടെ അത് ശരിയാകും ഇവിടെ എല്ലാവരും മരണോ അല്ലെങ്കിൽ ജീവിതം എന്താണെന്നും പറഞ്ഞ് ഇങ്ങനെ ഭിക്ഷയെടുത്ത് ജീവിക്കണായിരുന്നു ഒന്നും ചിന്തിക്കാതെ ശുപത്രി പോകത്തില്ല അത് അത് എഴുതി വച്ചിരിക്കുന്നത് പിന്നെ അടുത്തും അത് അതുപോലെ കോപ്പി ചെയ്തിരിക്കുന്നു അത് വലിയ കുഴപ്പമില്ല എന്താണ് ആശയപരമായി ശരിയാണ് പക്ഷെ മനുസ്മൃതിയുടെ കോപ്പിയാണെന്നേ ഉള്ളൂ ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് പ്രതികൃതിയെ ദേഷിക്കുന്നവനോട് ദേഷിക്കരുത് എന്താണോ ബസ് എന്തന്നെ ബസ്സേര് നന്ദിക്കുന്നവനോട് നിന്ദിക്കരുത് സസ്നേഹം പ്രതിഭാഷം സ്നേഹത്തിൽ സംസാരിക്കണം പ്രകാമം അത് ആശയപരമായി ശരി തന്നെ കുഴപ്പമൊന്നുമില്ല സന്യാസിമാര് എന്താണ് മറ്റുള്ളവരെ ഉദ്ദേശിക്കരുത് ചീത്ത കുടിക്കരുത് സ്നേഹം സംഭാഷണം നടത്തണം എന്നൊക്കെ പറയുന്നത് പക്ഷെ അത് മനുസ്മൃതിയുടെ കോപ്പിയാണ് അത് കോപ്പി ചെയ്തുകൊണ്ട് ഒരു തെറ്റ് പറയാനുണ്ട് ആശയം നല്ല ആശയത്തെ പറയാം പക്ഷെ സംഗതി കോപ്പിയാണ് പിന്നെ ഇരുന്നൂറ്റി എൺപത്തിനാല് പിന്നെ ഇതിന് മനുസ്മൃതിയുടെ വേറെ അമ്പത് വൈദികം ജ്യോതിഷം വൈദ്യം തർക്കം വ്യാകരണാധികം ഉപയുഞ്ജീവിതൃപജീവന വർമ്മനി ഇതും ഗുരുവായിട്ട് ശരിക്കും യോജിക്കുന്ന കാര്യമുണ്ട് ഇതും പലർക്കും ആശയക്കുഴപ്പമുണ്ടാക്കുന്നതാണ് ഈ എഴുതി വച്ചിരിക്കുന്നത് ഉത്പാദനിമിത്താഭ്യാം നക്ഷത്രാംഗ്ഹിച്ച് അതായത് വിപത്തുകൾ ശകുനങ്ങൾ വ്യാഖ്യാനിച്ച് ജ്യോതിഷവിദ്യ വിധി നിഷേധപരമായ ഉപദേശങ്ങൾ ശാസ്ത്രവാദം ഇതൊന്നും ചെയ്ത് ഭിക്ഷ സമ്പാദിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത് അപ്പോ അതും ഗുരു പറയുന്നു ഉപയോഗിക്കത്തില്ല ഇവിടെ പറയുന്ന അനുശാസന വാദം ആൾക്കാർക്ക് നല്ലതും ചീത്തയും പറഞ്ഞു കൊടുക്കുന്നതാണ് അനുശാസനപാദം അപ്പോ അതിന് ഇവിടെ ഇദ്ദേഹം തർക്കവ്യാകരണാദികൾ ശാസ്ത്രം ശാസ്ത്രം പഠിപ്പിക്കുകയെന്നെടുത്തു അതും ശരിയാവത്തില്ല കാരണം ഗുരു ഇതെല്ലാം അനുവദിച്ചിട്ടുള്ള കാര്യമാണ് എന്ത് പൂജാവിധികൾ വരെ വൈദ്യമടം തന്നെ സ്ഥാപിച്ച് സന്യാസിമാരൊക്കെ നിയോഗിച്ചില്ലേ അപ്പം അത്തരം കാര്യങ്ങളൊന്നും ഗുരു നിഷേധിച്ചിട്ടുള്ള കാര്യമില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളല്ല സമൂഹത്തിന് ഗുണമുള്ള അന്നത്തെ കാലഘട്ടത്തിൽ ഇതെല്ലാം ചെയ്യാം പിന്നെ ഈ ഭിക്ഷ മനുസ്മനീ പറയുന്ന പോലെയുള്ള ഭിക്ഷാടനങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ സന്യാസിമാര് അപ്പൊ ഈ പറയുന്ന ആശയം ശരിയല്ല ഇങ്ങനെയുള്ള പ്രവർത്തികൾ ചെയ്തെന്ന് പറഞ്ഞത് ശരിയല്ല കാരണം ഗുരു എന്താണ് ഗുരുതന്നെ സ്വയം പഠിപ്പിച്ചിരുന്നു ശാസ്ത്രങ്ങളൊക്കെ അരിപ്പുറത്ത് താമസിക്കുമ്പോൾ പിന്നീട് ശിഷ്യന്മാരെ കൊണ്ട് പഠിപ്പിച്ചിരുന്നു വിദ്യാലയങ്ങള് സ്ഥാപിച്ചു അവിടെ ശാസ്ത്രങ്ങളല്ലേ പഠിപ്പിക്കുന്നു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചില്ലേ ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഒരർത്ഥവും ഇല്ല ഒരു സംസ്കൃത വിദ്യാലയം സ്ഥാപിച്ചത് അപ്പൊ ഇതൊന്നും പഠിപ്പിക്കാൻ പാടില്ല എങ്ങനെ പറയാൻ പറ്റും ുംതൊക്കെ എന്തായാലും ഈ പറഞ്ഞിരിക്കുന്നതും മനസ് പ്രയുന്ന അതുപോലെ അങ്ങോട്ടെടുത്ത് വെച്ചിരിക്കും അതൊക്കെ കവിത എഴുതുമ്പോ അങ്ങനെ എഴുതി പക്ഷെ ഇത് അതും ശരിയല്ല പിന്നെ അടുത്ത് അമ്പത്തി അഞ്ച് ഇതിന് വരുന്ന ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് ഇവിടെ വരുന്ന അമ്പത്തി അഞ്ച് ഏകകാലം ചെറിയ ഭക്ഷണം ചെയ്ത വിത്തര ഒരു ദിവസത്തിൽ ഒരിക്കലെ ഭക്ഷ കഴിക്കാവൂ വളരെ അതൊക്കെ ഭിക്ഷ എടുക്കുന്ന കാര്യം പറയണം ഗുരു ഈ ഭിക്ഷയെടുക്കുന്ന കാര്യം ഗുരു പറഞ്ഞിട്ടേ ഭക്ഷെ എടുത്ത് കഴിക്കുക എന്ന് പറയുന്ന ഒരാശയമേ ഗുരു പറയുന്നുണ്ട് ഇവിടെ സന്യാസി ജീവിക്കാൻ വേണ്ടത്ര മാത്രമേ ഭക്ഷിക്കാവൂ അതിലധികം പാടില്ല കൂടുതൽ ഭക്ഷിച്ച രാഗവും ദേഷവും വെച്ചാൽ അത ഭക്ഷണം എന്ന് പറയുന്നത് ശരിയാണു അമിത ഭക്ഷണം പാടില്ല അത് ശരിയാണ് പക്ഷെ ഭിക്ഷ എടുക്കുന്നവരോട് പറയുന്ന കാര്യമല്ല ഗുരു പറഞ്ഞിരിക്കും അമിത ഭക്ഷണം പാടില്ല എന്നെല്ലാരും പറയും പക്ഷെ ഇത് മനുസ്മൃതി കോപ്പി അടിച്ചു വെച്ചപ്പോ ഗുരുവിന്റെ ആശയത്തോട് ചോദിക്കത്തില്ല ഗുരുവിന്റെ ആശയത്തോട് ചോദിക്കുകയാണെങ്കിൽ എന്താണ് അമിത ഭക്ഷണം കഴിക്കരുതെന്ന് പറഞ്ഞിരിക്കാം അതിനപ്പുറം ഒന്നും പറയാൻ വഴിയില്ല അതെ അതെ ഭിക്ഷയ്ക്ക് ഇതനുസരിച്ചിട്ടാണ് അത് ഇത് ഇത് പറഞ്ഞിരിക്കുന്ന പിന്നെ വാസേന ഇന്ദ്രിയ സഞ്ചയം നിയമയുക്തമായ രീതി ധ്യാനയോഗം എന്താണ് ഏകാന്തവാസം ഇന്ദ്രിയങ്ങളടക്കണം ധ്യാനോഗം ശീലിക്കണം അതൊക്കെ ശരിയാണ് മിതാഹാരം ആ പറയുന്നത് കൊഴപ്പ പക്ഷെ മനുസ്മൃതി പറയുന്നത് വ്യത്യാസമുണ്ട് എന്താണ് അല്പന്ന അഭ്യവഹാരം അല്പാഹാരം കഴിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുരു പറയുന്നതിന് യോജിക്കുന്ന കാര്യമില്ല നന്നോ വന്നോ കുഴപ്പമില്ല ാണ് എല്ലാരെയും നമസ്കരിച്ചല്ല ഓരോ വോട്ട് ചെയ്യാതെ പോവുന്നില്ല മൂന്ന് വോട്ട എന്താണ് ഈ പറയുന്നതും എന്താണ് അല്പന്നം എന്നൊക്കെ പറയുന്ന ഭിക്ഷ എടുക്കുന്നവർക്ക് വേണ്ടി പറയുന്നതാണ് അല്പാനം എന്നുള്ളതല്ല ആവശ്യത്തിനുള്ള അന്നം എന്നുള്ള അത് ഗുരുവിൻ്റെ സന്യാസത്തിൽ സ്വീകരിക്കാൻ പറ്റും വിതാഹാരം സ്വീകരിക്കാം അല്ലെങ്കിൽ ആവശ്യമുള്ള അന്നം ഈ അല്പാനം എന്നൊക്കെ പറയുന്നത് കൊണ്ട് മനുഷ്യനെന്ന് ജീവിക്കാൻ പറ്റും അപ്പൊ ഭിക്ഷ എടുക്കുന്നവർക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത് പിന്നെ ഏകാന്തവാസം കുഴപ്പമില്ല എവിടെയാലും ഏകാന്തത്തിലിരിക്കുക എന്താണോ ഇന്ദ്രിയങ്ങളെ നിവർത്തിക്കാന്നൊക്കെ പറയുന്നതൊക്കെ പൊതുവായി വരുന്ന കാര്യങ്ങളാണ് എന്നാലും ഈ മനുസ്മൃതി കോപ്പി ചെയ്ത് എന്റെ ദോഷമുണ്ട് ഏകാന്തത്തിൽ കുറച്ചു സമയം ഇരിക്കാന്ന് വേണമെങ്കിൽ പറയാനുള്ള ഒരാള് കുറച്ച് സമയം ഏകാന്തത്തെ ഇരിക്കുക അപ്പൊ അതിന് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഇനി പറയുന്ന ഏകാന്തത്തെ തന്നെ ഇരിക്കണമെന്നാണ് നമുക്ക് വേണമെങ്കിൽ കുറച്ചു സമയം ഏകാന്തത്തെ ഇരിക്കണമെന്ന് എടുക്കാം കുറച്ചു ധ്യാനിക്കാൻ ഇരിക്കുന്നു അങ്ങനെയൊക്കെ പക്ഷെ മനുസ്മൃതി കോപ്പി ചെയ്യുമ്പോ അത് മാറിപ്പോകും ഒരുപാട് മനുസ്മൃതി ഏകാന്തം എന്ന് പറഞ്ഞാൽ അത് സംഗതി എന്താണ് ഏകാന്തത്തിലേ ഇരിക്കാവും അപ്പോ ഇങ്ങനെ അത് അറുപത്തി ഇതിൽ വരുന്ന ഇരുന്നൂറ്റി ആ പിന്നെ ഇത് പറയുന്നു സയംപ്രാത സ്നാനഭൂത പ്രാണായമാൻ വിധായ ഷട്ട് അത് അറുപത്തി ഒമ്പതിൽ വരുന്നാണ് അതേപോലെ തന്നെ എഴുതി വച്ചിരിക്കുന്നു എന്താണ് പ്രാണായാമം ഷടാചര് ഇവിടെ പറഞ്ഞിരിക്കുന്നു ആറ് പ്രാണായാമം ചെയ്യണം ഡെയിലി അതുപോലെ തന്നെ ഇതിന് എഴുതിയിട്ടുണ്ട് അങ്ങനെ ആറ് പ്രാണായാമം ചെയ്യണം അപ്പോ ഈ ആറ് പ്രാണായാമം എന്ന് പറയുന്നത് ഈ ആറെന്നു പറയുന്ന കണക്ക് മനുസ്മൃതി എന്നൊന്നാണ് അത് ഏഴായിരം എന്താ കൊഴപ്പം പത്തായിരം എന്താ പ്രാണായാമം എന്തായാലും ചെയ്യുന്നത് ഒരു അരമണിക്കൂർ പ്രാണായം ചെയ്യുവാൻ എന്താ കൊഴപ്പം ഈ ആറെന്ന് പറയുന്ന കണക്ക് മനുസ്മൃതി എന്ന് കോപ്പി ചെയ്തിരിക്കുന്നു അതിപ്പോ ഈ പറയുന്ന പോലെ ആചാര സംരക്ഷണം അല്ല ആറിൽ എന്താ കാര്യം ഒരാൾക്ക് പ്രാണായാമം ചെയ്യണമെങ്കിൽ ഏഴരമണിക്കൂർ ചെയ്യണം ആറെന്നൊരു കണക്ക് വെക്കേണ്ട യാതൊരു കാര്യമില്ല അത് മനുസ്മൃതി ആറെന്ന് പറഞ്ഞു മനുസ്മൃതി കോപ്പി ചെയ്തെന്നുള്ളതിന് തെളിവാണിത് മനുസ്മൃതി അറുപത്തൊമ്പത് അറുപത്തൊമ്പത് അത് പറയുന്നത് പകലോ രാത്രിയോ അറിയാതെ പ്രാണികളെ പാപം പരിഹരിക്കാനെന്നാണ് ആറ് പ്രാണായാമം മനുസ്മൃതി പറഞ്ഞിരിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് കാലത്തും മയുന്നേരും ഗുളിച്ചു ശുദ്ധനായി ആര് പ്രാണായാമം ചെയ്യണമെന്നും പിന്നെ അതിനോടൊന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് ഓങ്കാരം നൂറ്റെട്ട് തവണ ജപിക്കണമെന്നും പറയുന്നുണ്ട് പക്ഷെ ആരു പ്രാണായാമം എന്നുള്ള കണക്ക് മനസ്സിലായി പറഞ്ഞത് അതുപോലെ എങ്ങോട്ടെടുത്ത് എന്തിനാ അത് കുറച്ച് കൂടിയാലെന്താ കുഴപ്പം ഏഹ് പ്രാണായാമം അറിയാമെന്നുള്ളവർ കൂടുതൽ സമയം ചെയ്യാം ആരെന്ന് പറയുന്നു പാപം പോകാൻ വേണ്ടി പ്രാണായാമം ചെയ്യാമെന്ന് പറയുന്നത് കാര്യമില്ല പിന്നെ ഇതുപോലെ ഇത് സന്യാസത്തിൽ ഇങ്ങനെ കുറെ അധികം കോപ്പി ചെയ്തിട്ടുണ്ട് ചിലതൊക്കെ ആശയപരമായി കുഴപ്പമില്ല പക്ഷെ ചിലത് പിന്നെ അത് മനുസ്മൃതി അല്ലേ പഞ്ചമഹായജ്ഞവും മനുസ്മൃതി അതുപോലെ അടുത്താണ് പിന്നെ ഗുരുവിന്റെ ആശയങ്ങൾ ഇനി വന്നിട്ടുണ്ട് അത് ശരിയാണ് അതില്ല പിന്നെ ഇവിടെ എന്താണ് അതൊക്കെ മനുസ്മൃതിയിലുള്ളത് പിന്നെ പിന്നെ ഗുരുവിന്റെ മദ്യവർജനം പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ കൂടുതൽ ചേർത്തിട്ടുണ്ട് പിന്നെ ചില കാര്യങ്ങൾ ഗുരുവിന്റെ ചേർത്തിട്ടുണ്ട് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അതൊക്കെ ഗുരുവിന്റെ തന്നെ ചേർത്തിരിക്കുന്നത് പിന്നെ സംബന്ധിതം എന്ന് പറയുമ്പം പൊതുവെല്ലാവർക്കും സ്വീകരിക്കാമെന്നുള്ളത് പിന്നെ സദ്യവർജനം പിന്നെ ഗുരുവിന്റെ ഇതാണ് അത് കുഴപ്പമില്ല പലതും കാലഘട്ടപ്പെട്ട കാര്യങ്ങളാണ് വസൻ ഗുരുവുലേ പറഞ്ഞു ഗുരുവിന്റെ വീട്ടിൽ ബ്രഹ്മചാരി താമസിക്കണോന്നൊക്കെ പറഞ്ഞു വിദ്യാഭ്യാസം ഇന്ന് ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യും ആശ്രമമാണെങ്കിൽ ശരിയുന്നതിന് ആ സംഗതികളൊന്നും ഇന്ന് യോജിക്കുന്ന കാര്യങ്ങളല്ല ഗുരുവിന്റെ വീട്ടിൽ താമസിച്ച് ഗുരുവിൽ നിന്ന് വിദ്യ സ്വീകരിക്കണോന്നൊക്കെ പറഞ്ഞു ഇന്നത്തെ സ്കൂൾ വിദ്യാഭ്യാസവും ബോർഡിങ്ങും ഒക്കെ അവരും വൈദ്യുതമായിട്ടിങ്ങനെ യോജിക്കുന്നു അപ്പൊ നിന്നു ഒരിക്കലും സമൂഹത്ത് പറയാൻ പറ്റിയ കാര്യങ്ങളുണ്ട് ഏ സന്യാസി കുറിച്ച് പറയുന്നത് ശരിയാഴപ്പ പക്ഷെ പല കാര്യങ്ങളും കലകരണപ്പെട്ട കാര്യങ്ങളും ഇന്ന് പിന്നെ ബ്രഹ്മചര്യകാലം അവസാനിക്കുമ്പോൾ ബ്രഹ്മചാരി ഗൃഹസ്ഥാശ്രമം ജീവിത അവസാനം വരെ ഗുരുകുലത്തിൽ വസിക്കുന്നു ഇതൊക്കെ മനുസ്മൃതിയാണ് പിന്നെ ഇത് ഇതിനെന്തായാലും പ്രസക്തിയുള്ള ഒന്നാമത് ഗുരുകുലത്ത് താമസിച്ചെല്ലാവരും വിദ്യാഭ്യാസം ചെയ്യും പിന്നെ ഗുരുകൂല താമസിച്ചാൽ തന്നെ ഗുരുകുരത്തിൽ താമസിച്ചിട്ട് ഗുരുവല്ല വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നു സ്കൂൾ വിദ്യാഭ്യാസമാണ് അത് ഈ പറയുന്നതും ഇന്നത്തെ വിദ്യാഭ്യാസം കൊണ്ട് എന്തെങ്കിലും ബന്ധമുണ്ട് ആശ്രമത്തിൽ താമസിച്ചാലും സ്കൂളിൽ പോയി പഠിക്കണ്ട അപ്പൊ ഗുരുവാരും അതുകൊണ്ട് പറയുന്നത് ഗുരുകുലവാസം പിന്നെ ഏറ്റവും വലിയ ഇതാണ് വേദാന് അതീതി എല്ലാ വേദവും പഠിക്കണമെന്ന് ആരാ ഇന്ന് വേദം പഠിക്കുന്നതാണ് വിദ്യാഭ്യാസം ഇതൊക്കെ മനുസ്മൃതി ഇതൊക്കെ മനുസ്മൃതിരിക്കാണ് അത് മനുസ്മൃതിയിലുള്ളത് ആശ്രമം എന്ന് പറയുമ്പം അത് വേറെയല്ലേ അവിടെ ഗുരു ശിഷ്യന്മാരും താമസിക്കുന്നതെന്ന് പറയുന്നതും വേറെ അല്ലേ പിന്നെ വേദാനാതീത്യ നികുതാം തത്തത് ആചാര്യകല്പിതാൻ എന്നൊക്കെയാണ് ഇപ്പൊ ഗുരുകുലത്തിൽ താമസിച്ച് അവിടെ നിന്ന് പുറത്തുപോയി വാഹം കഴിക്കുക അല്ലെങ്കിൽ ഗുരുകുലത്തിൽ താമസിക്കുക എന്നൊക്കെ പറയുന്നത് മനുസ്മൃതിയാണത് അത് കാലം മാറിയതൊന്നും മനസ്സിലാക്കാതെ ഇന്ന് അത് ഇതൊക്കെ നിങ്ങള് പുറത്തുപോയി എങ്ങനെ ആൾക്കാരെ പഠിപ്പിക്കും എങ്ങനെയാ ഇതൊക്കെ പറയുന്നത് ആൾക്കാരുടെ അടുത്ത് പിന്നെ പൊതുവായ ചെല കാര്യങ്ങൾ പറയാന്നുള്ള അതെ പിന്നെ യഥാർത്ഥത്തിൽ അനുസരിച്ച് സ്ഥാപനങ്ങൾ അതങ്ങനെ പറ്റും അത് ഒരിക്കലും പറയാൻ പറ്റില്ല പിന്നെന്താണ് നടായുരു സ്ഥാപിച്ചത് ഒരാശ്രമം അവിടെ ചെന്നു കഴിഞ്ഞാൽ നടായുരുന്ന് പഠിക്കണം വേറെ ഒന്നും പഠിക്കാൻ പറ്റില്ല അപ്പോ അവിടെ ചെന്ന് നടായൂരിന്റെ അടുത്ത് നിന്ന് നടായൂരു പഠിപ്പിക്കുന്നതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ അവൻ പുറത്തു പോയി അവൻ എങ്ങനെ ജീവിക്കും അവനെങ്ങനെ ജീവിക്കും അവന് എങ്ങനെ തൊഴിൽ കിട്ടും നടായൂരുന്ന് ഡിഗ്രി കൊടുക്കാൻ പറ്റും അത് ഒരാശ്രമ ജീവിതം ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മാത്രമേ പറ്റൂ അല്ലാതെ ഈ എന്താണ് ഗുരുകുലത്തിൽ താമസിച്ച് അവിടെ വളർന്ന് പുറത്തുപോയി ജീവിക്കാൻ ഒരു ഗുരുകുലത്തിൽ ചെന്ന ഒരാൾ താമസിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അവന് പുറത്തുപോയി ജീവിക്കാൻ പറ്റില്ല അതിനുള്ള വിദ്യാഭ്യാസം അവനോടെ കിട്ടത്തില്ല കിട്ടണമെങ്കിൽ അവൻ ഇവിടെയൊക്കെ താമസിക്കുന്ന പോലെ ഗുരുകുലത്തിൽ താമസിച്ചിട്ട് താമസം എന്താണ് ഭക്ഷണത്തിനും താമസത്തിനും വേണ്ടി അവിടെ ഉപയോഗിച്ചിട്ട് പുറത്തുപോയി സ്കൂളിൽ പോയി വിദ്യാഭ്യാസം ചെയ്യും അത്ര അതാണെങ്കിൽ ശരി അല്ലാതെ ഇതൊന്നും കാലകരണപ്പെട്ടുപോയ കാര്യങ്ങളാണ് അതിനൊക്കെ കാലഘടനപ്പെട്ട ആശയങ്ങളൊക്കെ ഒരുപാടുണ്ട് അപ്പോ ഇവിടെ ദശസന്നീരൻ തേ പാണിപീഡന കർമ്മണി പത്ത് പേരാണ് പറയേണ്ടത് എന്നാക്കണം അപ്പൊ ശരിയാകും ഒരു വര അവിടെ ഇട്ടാൽ മാത്രം അധഹ നൂന അതിൽ നിന്ന് കൂടരുത് ന്യൂനമെന്നു വെച്ചാൽ കുറയുക അന്യൂനമെന്നുവെച്ച ന്യൂനമല്ലാതിരിക്കുക കൂടുക ന അന്യൂനമെന്നുവെച്ചാൽ കൂടരുത് പത്തിൽ കൂടരുതെന്നാണ് അതിന്റെ അർത്ഥം പറയേണ്ടത് അവിടെ അന്യൂനമെന്നാക്കിയാ ശരിയാകും അപ്പൊ പത്ത് പേര് പങ്കെടുക്കണമെന്ന് പറഞ്ഞിട്ട് പിന്നെ അതി കുറയരുതെന്ന് പറയുന്നതിന് എന്താ അർത്ഥമുള്ളത് കൂടാതിരിക്കാനേ പത്ത് പേരൊന്ന് നിജപ്പെടുത്തിയത് കുഷ്ഠക്ഷയ ശ്വാസ കാസഹൃദ്രോഗയില് ഇതിനുള്ള ഒരു വിവാഹം ചെയ്യരുതെന്ന് പറയും കാരണം അതൊക്കെ അബദ്ധമാണ് ഇതൊക്കെ മനസ്സുകൊണ്ട് എഴുതിയിട്ടുള്ളതാണ് എന്തുകൊണ്ട് ഇനി പല രോഗങ്ങളും ചികിത്സിച്ചു ഭേദമാക്കാന്നുകൊണ്ടാണ് പഴയകാലത്ത് ഈ അസുഖങ്ങൾ ചികിത്സിച്ചു ഭേദമാക്കാൻ പറ്റാത്തതുകൊണ്ടാണ് പറയുന്ന രോഗം കഴിയും ഇപ്പൊ ശ്വാസം ചെറിയ പ്രായം മൂലം എന്താണ് ആസ്മയുണ്ടോ അവരുവാൻ കഴിക്കരുതെന്ന് പറഞ്ഞു ഏ ഇത് ഭയങ്കരണ്ടാക്കിയതെ പറഞ്ഞിരിക്കുന്നത് ശ്വാസകാസരോഗമുള്ളവര് എന്ന് പറഞ്ഞു കാരണം ഹൃദ്രോഗമാണ് അവര് വാങ്ങിക്കരുതെന്ന് പറഞ്ഞു കുട്ടിക്കാർക്ക് ഹൃദ്രോഗികളായ കുട്ടികൾ ജനിക്കും അവരെ ചികിത്സിച്ചു മാറ്റം ഇന്നും പണ്ട് ചികിത്സയില്ല പിന്നെ പിന്നെ പറയുന്നത് ദാരിദ്ര്യം ദാരിദ്ര്യമുള്ളവർ എന്താണ് വിവാഹം ചെയ്തത് ദാരിദ്ര്യമുള്ളവർ വിവാഹം ചെയ്തത് പഴയ കാലത്ത് ഇന്നങ്ങനെ എന്നല്ലോ ഇന്ന് ദാരിദ്ര്യം എന്ന് പറയുന്നത് എന്തോന്നു പൈസ കുറവുള്ളവരും കൂടുതലുള്ളവരും അല്ലേ പൈസ കുറവുള്ളവർ വിവാഹം കഴിക്കാതിരിക്കും അവരതിനനുസരിച്ച് വിവാഹം കഴിച്ച് ജീവിക്കണം തന്റെ വരുമാനത്തിനനുസരിച്ച് എല്ലാം വിവാഹം കഴിക്കരുതെന്ന് പറയാൻ അതൊക്കെ അവരവർ തീരുമാനിക്കുന്നതല്ലേ ആരു വിവാഹം കഴിക്കണം ആരു വിവാഹം കഴിക്കണ്ടെന്നുള്ളതൊക്കെ മറ്റുള്ളവർ പറയുന്ന കാലമല്ല ഇതൊക്കെ ഒരു കാലഘട്ടത്തില് അത് എന്താണ് അങ്ങനെ ഒരു രോഗമുള്ള ആൾക്കാർ എന്താ ഒരു ഡോക്ടറുമായിട്ട് കൺസൾട്ട് ചെയ്യണം കൺസൾട്ട് ചെയ്തിട്ട് കുട്ടികൾ ജനിച്ചാൽ അവർക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടാകുമെന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അതിന്ന് അങ്ങനെയാണെങ്കിൽ കുട്ടികളെ നശിപ്പിച്ചുകളും ഇന്ന് ഗർഭത്തിൽ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ പരിശോധിച്ചിട്ട് കുഴപ്പമുള്ള ആണെങ്കിലും ആരോഗ്യമുള്ളവരാണെങ്കിലും ശരിയാ നശിപ്പിക്കാം നിയമം അങ്ങനെയാണെന്ന് കണ്ടു കഴിഞ്ഞു പിന്നെ അതൊന്നൊരു അസുഖമേ ഇല്ല അപ്പൊ ഇന്ന് ആരോഗ്യമുള്ളവർ പോകാൻ കഴിച്ചാലും ചിലപ്പോൾ കുട്ടികൾ ഓട്ടീസം പോലെയുള്ള പ്രശ്നങ്ങൾ വരും അത് ഗർഭത്തിൽ ശിശുവിനെ സ്കാൻ ചെയ്ത് കണ്ടെത്തി വൈകല്യമുള്ള കുട്ടികളെ നശിപ്പിക്കാം കോടതി അനുവാദം വാങ്ങി അന്നീ പറയുന്നതൊന്നും ഇന്ന് പറയാനേ പറ്റില്ല വലിയ അബദ്ധമാണ് അല്ല അത് ശ്വാസ രോഗം കാസരോഗം എന്നൊക്കെ പറയുന്നില്ല എന്താ അതിനൊക്കെ എന്താ അർത്ഥമുള്ളത് അതൊക്കെ രോഗമുള്ളവര് വിവാഹം കഴിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അത് വിവാഹം വേറെ പിന്നെ കുട്ടികളുണ്ടാകുന്നവേരെ അതൊക്കെ വേറെ വേറെ സംഗതികളാണ് എന്നങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് പെണ്ണും പെണ്ണും തമ്മിലും ആണുമാണ് നമ്മൾ വിവാഹം കഴിക്കുന്നത് ഗവൺമെന്റ് കോടതി അനുവദിച്ചിട്ടുള്ളതാണ് ആ കാലഘട്ടത്തിലാണോ ഇതൊക്കെ പറയുന്നത് ജനങ്ങളുടെ അടുത്ത് അതെ അവർ കുട്ടികൾ വേണമെങ്കിൽ വിവാഹം കഴിച്ചു ചോദിക്കുന്നെന്താ ഇത് വലിയ അബദ്ധമാണ് പിന്നെ ഇതില് വരുന്ന അബദ്ധങ്ങൾ അത് ഇവിടെ എല്ലാത്തിനും എല്ലാ ദിവസവും ശതാബ്ദിയും മറ്റേ ഇതൊക്കെയാണെന്ന് ചോദിച്ചാ പ്രോഗ്രാം ഉണ്ടാക്കുക ഏ സത്യനാരായൻ സ്വാമിയാണ് എന്നോട് പറഞ്ഞത് അവത്തോണ നീ എന്നോട് പറഞ്ഞാണ് എന്തോന്ന ഞാൻ ചോദിച്ചു സ്വാമി എഴുതി വച്ചിരിക്കുന്ന ശരിയാണ് അത് ശരിയല്ല അത് ആത്മാൻ സ്വാമി എഴുതി ശരിയല്ല എന്ന് പറഞ്ഞ് അറിഞ്ഞും കൊണ്ട് ചെയ്യുന്നു ഈ പ്രോഗ്രാമുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ആൾക്കാരെ വിട്ടികളാക്കാൻ വേണ്ടി ഇങ്ങനെ വെച്ച് ഞാൻ ചോദിച്ചപ്പോ എന്നോട് ഞാൻ ചോദിച്ച സാമി ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ശരിയാണെന്തോ കാരണം അതൊന്നും ഒരിക്കലും ശരിയില്ല എന്നാത്മാനു സ്വാമി എഴുതി വെച്ചാൽ എന്ന് എന്നോട് പറഞ്ഞിട്ട് പരസ്യമായിട്ട് എന്തിനാ ഈ ഇരുതല്ല മൂരിയെ പോലെ ഏഹ് എന്നാ അതെന്നോട് പറയണ്ടേ സ്വാമി പറഞ്ഞോണ്ട് ഞാൻ അംഗീകരിച്ചു പക്ഷെ എനിക്കതെല്ലാം അഭിപ്രായം അതെങ്ങനെ സ്മൃതിയാക്കുന്നെങ്ങനെ ധർമ്മത്തിനെങ്ങനെ സ്മൃതിയാക്കി അതും തെറ്റല്ലേ ഒരാളൊരു പുസ്തകത്തിന് പേരിട്ടാ വേറൊരാൾക്ക് മാറ്റാൻ അവകാശമുണ്ടോ എനിക്ക് തോന്നുന്നു അത് മുനി നാരായണ പ്രസാദ മാറ്റിയെന്ന് ഒരാളൊരു പുസ്തകം വേറൊരാൾക്ക് മാറ്റാ അവകാശമൊന്നുമില്ല ആളുടെ പുസ്തകത്തിന്റെ പേരങ്ങനെയാ മാറ്റുന്നു വല്ല പ്രിൻഡും ഉണ്ടെങ്കി മാറ്റാം ധർമ്മ അല്ലേ ധർമ്മ സ്മൃതി എന്ന് പറഞ്ഞാ പോയി സ്മൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാ എന്തായാലും ഇത് ഒരു പ്രചാരണം കൊടുക്കാൻ പാടില്ലാത്ത ഒരു പുസ്തകമാണ് നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ